അനൌപാധികം ബ്രഹ്മണോ രൂപം ദർശയിധികം രൂപ ബ്രഹ്മത്തിന് രണ്ടു രൂപം ഉണ്ടെന്നും ം ഉപാധികളില്ലാത്തൊരു ജ്ഞാനം ഏകം ഹി നിരുപാധികം സ്വാധികം ഗുരു പറഞ്ഞിരിക്കുന്ന ബ്രഹ്മന്ത അപ്പൊ അനൌപാധികമായതാണ് നിത്യശുദ്ധ ബുദ്ധമുക്തെന്ന് പറഞ്ഞത് അവിദ്യ ഉപാധികം അവിദ്യയാകുന്ന ഉപാധിക അവിദ്യ എന്താണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്താണ് എന്താണെന്ന് പറഞ്ഞ വിദ്യോപാധികം സാത്വികമായ സർവജ്ഞം സർവശക്തി സംബന്ധിതം പിന്നെ വിദ്യ ഉപാധികം എന്ന് പറയുമ്പോ ഈശ്വരന്റെ ഉപാധിയാണ് ആ വിദ്യ പക്ഷെ അത് ശുദ്ധസത്വപ്രധാനമാണ് ശുദ്ധസത്വമാണ് അവിടെ അതുകൊണ്ടാണ് ഈശ്വരനായിരിക്കുന്നത് അതുകൊണ്ടാണ് ഈശ്വരൻ സർവജ്ഞനും സർവശക്തി സമന്യതനുമായിരിക്കും ഈശ്വരന്റെ സർവജ്ഞത്വം കൊണ്ട് ഈശ്വരല്ലാ അറിയുന്നവനാണ് സർവശക്തി സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്കെല്ലാം ശേഷിയുള്ളവനുമാണ് ഇങ്ങനെയൊക്കെ ഈശ്വരൻ ഈശ്വരനെ പറയുന്നത് കേവല ബ്രഹ്മത്തെ പറയാൻ പറ്റില്ല കാരണം കേവല ബ്രഹ്മം എന്നൊരു അവിടെ ഉപാധിയില്ല ഇപ്പോൾ ശുദ്ധസത്വപ്രധാനമായ ആ വിദ്യ ഈശ്വരന്റെ ഉപാധിയാകുമ്പോൾ ആ ബ്രഹ്മത്തിന്റെ ഉപാധിയാവുമ്പം ബ്രഹ്മത്തെ തന്നെ ഈശ്വരൻ ഇങ്ങനെ ശുദ്ധസത്വപ്രധാനമായ ഒരു ഉപാധി വന്നതുകൊണ്ട് അതിന് ഈശ്വരൻ പേരുകർവശക്തി സംബന്ധിതം തദ്ന ജഗത് കാരണത്വം അസ്യദർശിതം ഇപ്പോ അതൊരു പ്രധാന കാര്യമാണ് ശുദ്ധഭ്രമം ജഗത്തിന് കാരണമല്ല എന്തുകൊണ്ടാണ് നിരുപാധികമാണെന്ന് പറഞ്ഞാൽ അത് കാര്യവുമല്ല കാരണവുമല്ല ഒന്നുമല്ല നിരുപാധികമായ നമുക്ക് കാര്യമായിട്ടോ കാരണമായിട്ടോ എടുക്കാം അതൊരു തത്വം മാത്ര ജഗത്തിനെ അതിനെ സൃഷ്ടിക്കാൻ പറ്റത്തില്ല ജഗത്തിന് ലോകത്തെ സൃഷ്ടിക്കണമെങ്കിൽ അതിന് സ്വാഭാവികനാവണം എന്നുവെച്ചാൽ സത്വപ്രധാനമായ മായോടുകൂടി ചേർന്നു അപ്പതിന് ലോകത്തെ സൃഷ്ടിക്കാൻ പറ്റുന്നൊണ്ടപ്പോൾ ആ ബ്രഹ്മത്തിന് തന്നെ സർവജ്ഞത്വവും സർവശക്തിമത്വവും ബ്രഹ്മം സർവം അറിയുന്നവനും സർവ്വശക്തി കൊള്ളവനുമായിരിക്കും അങ്ങനെ അവന് ജഗത്തിന് തനേന ജഗത് കാരണത്വം അസീർശം അത് തന്നെ വിശദീകരിക്കുന്നു ശക്തിജ്ഞാന ഭാവണത്വഭാവ ശക്തിജ്ഞാനം എന്ന് വെച്ചാൽ ശക്തിയും അതിന്റെ ഭാവ അനുവിധാന അത് ഉള്ളതുകൊണ്ട് ഭാവ അനുവിധാനം വെച്ചാൽ ശക്തിയും ജ്ഞാനവും ഉള്ളതുകൊണ്ട് കാരണത്വഭാവ കാരണത്വഭാവം വരുന്നു അതിന് കാരണത്വമുണ്ട് ഇനി ശക്തിജ്ഞാന അഭാവ അനുവിധാന ശക്തിജ്ഞാനവും ഇല്ലാത്തതുകൊണ്ട് കാരണത്വ അഭാവം അതിന് കാരണത്വം ഇല്ല അപ്പോ ഈശ്വരനും ബ്രഹ്മവും തമ്മിലുള്ള ബന്ധം ഇതാണ് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുന്നിടത്തല്ല ഈശ്വരന് ബ്രഹ്മമെന്നും പറയാം ബ്രഹ്മത്തിന് ഈശ്വരനെന്നു പറയാം ദോഷമെന്നും രണ്ടു വാക്കുകളും മാറിമാറി ഉപയോഗിക്കാം പക്ഷെ ഉപാധിക അവിടെ എന്താണ് ഇത് രണ്ടു തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നു ശബ്ദത്തിൽ വ്യത്യാസമൊന്നുമില്ല ബ്രഹ്മത്തെ ഈശ്വരൻ എന്നു പറയാം ഈശ്വരന് ഈശ്വരൻ എന്നു പറയാം ഈശ്വരനെയും ബ്രഹ്മം എന്നു പറയാം ഈശ്വരനെയും ഈശ്വരൻ എന്നു പറയാം പക്ഷേ രണ്ടു തമ്മിലുള്ള വ്യത്യാസം വരുന്നത് നിർവചനത്തിലാണ് നിർവചനത്തിലാണ് വ്യത്യാസം ബ്രഹ്മത്തെ നിർവചിക്കുന്നത് നിരുപാധികം അത് നിരുപാധികം എന്ന് വെച്ചാൽ ബ്രഹ്മം കേവലമാണ് വേറെ ഒന്നും അതിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല കേവലമായൊരു തത്വം ഒന്നിനോട് അതിനെ ബന്ധപ്പെടുത്താൻ ഒക്കത്തില്ല അത് കാര്യമല്ല കാരണമല്ല ഒന്നും അതിന് സർവധർമ്മങ്ങളെയും നിരോധിച്ച് അവിടെ നിക്ഷേപിക്കുന്നു അതിനകത്ത് ഒരു ധർമ്മവുമില്ല പക്ഷെ ഈശ്വരൻന്ന് പറയുമ്പോ അങ്ങനെയല്ല അതിന് വിശിഷ്ടങ്ങളായ പല ധർമ്മങ്ങളും ഉണ്ട് എന്തുകൊണ്ടുപാധിയുണ്ട് ഉപാധി എന്താണ് ശുദ്ധ ശുദ്ധസത്വപ്രധാനമായ അവിദ്യ അതുകൊണ്ട് ആ ഈശ്വരനും സർവജ്ഞനും സർവശക്തനുമാണ് ആ ഈശ്വരന് ജഗത് കാരണത്വം ഉണ്ട് ആ ഈശ്വരന് ജഗത്തിനെ സൃഷ്ടിക്കാനും നിലനിർത്താനും നശിപ്പിക്കാനും ഒക്കെയുള്ള ശേഷി ഉണ്ട് അതുകൊണ്ട് ഈശ്വരൻ എന്താണ് ബ്രഹ്മം എന്താണ് എന്നുള്ള കാര്യത്തിൽ തർക്കിക്കേണ്ട കാര്യമുണ്ട് പ്ലസും മൈനസും ആണ് ഈശ്വരനും ബ്രഹ്മവും തമ്മിലുള്ള വ്യത്യാസം പ്ലസും മൈനസും പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ സത്യ പ്ലസ് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് പ്ലസ് ശുദ്ധ ബ്രഹ്മം പ്ലസ് ശുദ്ധ പ്ലസ് ശുദ്ധ സത്വപ്രധാനമായ അവിദ്യ അതാണ് ആര് ഇനി മൈനസാണ് ശുദ്ധ ബ്രഹ്മ എന്താണോ നിര മൈനസ് മൈനസ് അപ്പൊ ശുദ്ധ ബ്രഹ്മമായി അപ്പോ ആ പേരുകൾ എങ്ങനെ ഉപയോഗിക്കാം ബ്രഹ്മെന്നോ ഈശ്വരൻ എന്നോ എന്തുണോ ഇതേപോലെ ബന്ധം തന്നെ ജീവനുമായിട്ടുള്ളത് പ്ലസും മൈനസുമാണ് ബ്രഹ്മവും ജീവനുമായിട്ടുള്ള ബന്ധം എന്താണ് അവിടെ പ്ലസ് ജീവൻ എന്താണ് പ്ലസ് ശുദ്ധ ബ്രഹ്മം പ്ലസ് മലിനസത്വ പ്രധാനമായ അവിജ്ഞമായ അവിജ്ഞ അതാണ് ജീവൻ പിന്നെ മൈനസെന്ന് പറയുന്നത് എന്താണ് ശുദ്ധസത്വം മൈനസ് മലിനസത്വപ്രധാനമായ ആവിദ്യ അപ്പൊ അത് ശുദ്ധബ്രഹ്മ ജീവനല്ല ജീവനല്ല ശുദ്ധബ്രഹ്മം മൈനസ് മലിനസത്വപ്രധാന ആവിദ്യ അത് ശുദ്ധ ബ്രഹ്മം ആ പ്ലസും മൈനസും ചേർക്കുന്നതാണ് അപ്പൊ ജീവനെയും ബ്രഹ്മവും ഓളിക്കാം ഈശ്വരനെയും ബ്രഹ്മവും ഓളിക്കാം ഈശ്വരനും ബ്രഹ്മം എന്ന് വിളിക്കാൻ ഒരു ദോഷമുണ്ട് പക്ഷെ ജീവന ഈശ്വരൻ എന്ന് വിളിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ആ ഈശ്വരന് ശുദ്ധസത്വപ്രധാനവും ജീവനും മലിനസത്വപ്രധാനമാണ് ആ വ്യത്യാസം അപ്പോ ഈ വ്യത്യാസങ്ങളെല്ലാം വരുന്നത് നിർവചനത്തിലൂടെയാണ് അപ്പൊ ബ്രഹ്മം അതെങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണ് മൈനസ് ശുദ്ധസത്വ പ്രധാന വിദ്യ മൈനസ് മലിനസത്വ പ്രധാന വിദ്യ അപ്പൊ പിന്നെ ശേഷിക്കുന്ന ആപരം മൈനസ് ചെയ്ത് കഴിഞ്ഞ ശേഷിക്കുന്ന ആഭരം എങ്ങനെ ശ്രദ്ധിക്കും അവിടെ ആവിദ്യയില്ല മാറ്റാൻ ആവിദ്യയില്ല ഞാൻ എങ്ങനെ ശ്രദ്ധിക്കും അങ്ങനെ ഒന്നും ഉണ്ടെന്ന് പ്രമേയ പറ്റില്ലല്ലോ അതിന്റെ ഒരു ഓബ്ജക്ട് അല്ല അബ്ജക്ട് അല്ലല്ലോ ഒരു പ്രമേയ വസ്തുവല്ലോ ഞാനാണെന്ന് മനസ്സിലാക്കാം ശാസ്ത്രേ പറയുന്നത് ഇങ്ങനെ മൈനസ് കാണണം പിന്നെ കാസർ തീരുമാനം അതായത് എല്ലാ ഉപാധികളും നീക്കിയാ ഈ പ്രപഞ്ചവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വാക്കിലോ മനസിനോ എത്തിച്ചേരാത്ത ഒരു നേരത്തിനും നിർവചിക്കാൻ കഴിയാത്തതാണ് പരമമായ ഒരു തത്വം ഉണ്ടെന്നുള്ളത് അങ്ങനെ തീരുമാനിക്കും ശങ്കരാ പറയുന്നത് അത് വേദം പറയുന്നുണ്ട് മനസ്സിലായോ വേദം അങ്ങനെ പറയുന്നു വേദം പറയുന്നുണ്ട് നമ്മൾ വിശ്വാസിക്കുന്നു വേദം പറയുന്നത് കൊണ്ട് വേദത്തില് അങ്ങനെ എവിടെ പറഞ്ഞിരിക്കുന്നു വേദം പറയുന്നു വേദത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു എവിടെ പറഞ്ഞിരിക്കുന്നു വേദത്തിൽ അങ്ങനെ പറയുന്നു ശങ്കരാചാര്യ വേദത്തെ വ്യാഖ്യാനിക്കുന്നു വേദത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു ശങ്കരാചാര്യ വേദത്തെ വ്യാഖ്യാനിക്കുന്നു എന്തുകൊണ്ട് ശങ്കരാചാര്യ വ്യാഖ്യാനിക്കുന്നു പറഞ്ഞു ശങ്കരാട്ടു അത് പറയാൻ കാരണം രാമാനുജനും മറ്റും ഒക്കെ വേദം വ്യാഖ്യാനിച്ചിട്ടും അവരാരും ഇങ്ങനെ ഒരു ബ്രഹ്മത്തെ കണ്ടില്ല പക്ഷെ ശങ്കരാചാര്യ ശേഷം അതെന്നെ അവരാരും ഇങ്ങനെ ഒരു ബ്രഹ്മത്തെ കണ്ടില്ല അപ്പൊ പിന്നെ ശങ്കരാചാര്യ വ്യാഖ്യാനമാണ് അപ്പോ അങ്ങനെ ഒരു ബ്രഹ്മം ഉണ്ടെന്ന് എന്തിന് വ്യാഖ്യാനിച്ചു കാരണം വേദത്തിലുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു നിർഗുണനിരാകാരമായ ഒരു ബ്രഹ്മം ഉണ്ടെന്ന് ശങ്കരാചാര്യെന്തുകൊണ്ട് വ്യാഖ്യാനിച്ചു ഈ തരത്തിൽ ശ്രുതിയാന മുമ്പേ ഉണ്ട് ശങ്കരാചരിൽ എങ്കിലും ശ്രുതിയോ എന്തിന് ശങ്കരാചാര് ഇങ്ങനെ ഒരു ബ്രഹ്മത്തെ അവിടെ ശങ്കരാചാര്യര് വ്യാഖ്യാനിച്ച് കൊണ്ടെന്ന് സമർത്ഥിച്ച് എന്തിനു അതുകൊണ്ടെന്താ പറയാ സമാധിയെ സ്ഥാപിക്കാൻ വേണ്ടിട്ടാണോ സമാധി സമാധി ശങ്കരാചാര് അംഗീകരിക്കുന്നില്ല ശങ്കരായർക്ക് ബുദ്ധിയുണ്ടായിരുന്നു അതുകൊണ്ട് ശങ്കരാചാരൻ എങ്ങനെ ചെയ്തു വേറെ ഒരു കാരണം നല്ല ബുദ്ധിമാനായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചു ഇങ്ങനെ ഒരു ബ്രഹ്മം ഉണ്ടെന്ന് ശങ്കരാചാരൻ ഉറപ്പിച്ച് മനസിലായ ബുദ്ധിയുള്ളവർക്ക് അതൊക്കെ ചെയ്യും പണ്ട് ബ്രഹ്മുണ്ടെന്ന് തോന്നിച്ചു അപ്പൊ പിന്നെ ഈ പ്രപഞ്ചം എങ്ങനെ ആ ബ്രഹ്മത്തിന്നുണ്ടാവും അതിനുവേണ്ടി ഒരു ഈശ്വരൻ ഉണ്ടെന്ന് പറഞ്ഞു ഞാനെന്ത് ചെയ്തു അവിടെ ശുദ്ധസത്വം പ്രധാനമായ അവിദ്യയുടെ ഉണ്ട് അതിന് തന്നെയാണ് എന്ന് പറയുന്നത് നീയെല്ലോ മായയും മായാവിയെന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് പറയുന്നത് നീയെല്ലോ മായു എന്ന് പറയാൻ എന്താ കാരണം പറയുന്നു എന്താ അങ്ങനെ പറയാൻ കാരണം അദ്വൈതം അദ്വൈതത്തെ പറയുമ്പോ അങ്ങനെ പറയുന്നു വേറെ ഒന്നുമില്ല ഈശ്വരൻ ഇല്ല വേറെ ഒന്നുമില്ല അപ്പൊ മായാതും ഈശ്വരൻ തന്നെ സൃഷ്ടിയോ ഈശ്വരൻ തന്നെ എന്താ ഈശ്വരൻ തന്നെ അങ്ങനെ അദ്വൈതം പറഞ്ഞു എന്നെ പറഞ്ഞിരിക്കും സർവജ്ഞം അപ്പോ ശക്തിയും ഞാനും ഉണ്ടെങ്കിൽ കാരണത്വമുണ്ട് ശക്തിയും ഞാനും ഇല്ലെങ്കിൽ കാരണത്വം ഇല്ല അതാണ് ഈ പറയുന്നത് ഈശ്വരനിൽ ശക്തി ഞാനും ഉണ്ട് ഈശ്വരൻ ജഗത്തിന് കാരണമാണ് ശുദ്ധ ബ്രഹ്മത്തിൽ എന്താണ് ശക്തിയും ഇല്ല അതുകൊണ്ട് അവിടെ കാരണത്വില്ല കാരണോ അപ്പൊ ഈ പറയുന്നതെല്ലാം ഇങ്ങനെ ഒരു ശുദ്ധമായ ബ്രഹ്മം പിന്നെ ശുദ്ധ സത്വപ്രധാനമായ ഒരവിദ്യ അവിദ്യ കൊണ്ട് ഈശ്വരൻ അതില്ലെങ്കിൽ ശുദ്ധ ബ്രഹ്മം അപ്പോ മലിനസത്വപ്രധാനമായ ഒരു ജീവൻ ശുദ്ധസത്വപ്രധാനമായ അതുകൊണ്ട് ആ ഈശ്വരന് കാരണത്തുകൊണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരമൊക്കെ ചെയ്യുന്നു ഈ പറയുന്ന മൊത്തം ഇങ്ങനെയുള്ള ഈ വിശദീകരണങ്ങൾ മുഴുവൻ എന്താണ് ബുദ്ധിയുടെ ഒരു കളി ബുദ്ധിയൊണ്ട് ബുദ്ധിമാനായ ഒരു മനുഷ്യൻ ചിന്തിച്ച് കൽപ്പിച്ച് കൂട്ടി എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്തു വെച്ചത് ഈ ലോകം എങ്ങനെയുണ്ടായി എന്നറിയില്ല എങ്ങനെ ഈ പ്രപഞ്ചമുണ്ടായി അങ്ങനൊരു ഉത്തരം പറയുന്നു അപ്പോൾ അങ്ങനെ തിരിഞ്ഞ് ചിന്തിച്ചപ്പോൾ അങ്ങനെ ഒരു ലോകമുണ്ടാവണമെങ്കിൽ അതിൻ്റെ പിന്നിൽ സൃഷ്ടികർത്താവുകയാണ് അതാരാണ് ഈശ്വരൻ അപ്പോൾ ഈശ്വരൻ എങ്ങനെയാണ് ഇങ്ങനെയാണ് ഈശ്വരൻ മായയോടുകൂടിയാണ് അപ്പൊ ഈ മായയോട് തോന്നി ഈശ്വരൻ എന്താണ് വീണ്ടും ചിന്ത പോയി അപ്പൊ നിർഗുണനായ ഒരു ബ്രഹ്മമുണ്ട് ഇതൊക്കെ ഒരാളുടെ ബുദ്ധിവിലാസമാണ് മനസ്സിലായ തനേന ജന ജഗത് കാരണത്വം അസ്യദർശിതം ഈ രീതിയിലാണ് ജഗത് ജഗത്തിന്റെ കാരണത്വം അസ്യ ബ്രഹ്മണ ബ്രഹ്മത്ത് ജഗത്തിന്റെ കാരണത്വത്തെ കാണിച്ചിരിക്കണെന്ന് വെച്ചാൽ ബ്രഹ്മം എങ്ങനെ ജഗത്തിന് കാരണമാകും എന്ന് പറഞ്ഞാൽ പറയുന്നത് ബ്രഹ്മം ജഗത്തിന് സാക്ഷാത്കാരണമല്ല എന്നുവെച്ചാൽ നേരിട്ടൊരു കാരണമല്ല മറിച്ച് അവിധിയാകുന്ന ഉപാധി കൊണ്ട് ആ ശുദ്ധ ബ്രഹ്മം തന്നെ ജഗത്തിന് കാരണമായി ഈ ശുദ്ധ ബ്രഹ്മം ശുദ്ധ ബ്രഹ്മം പറയുന്നത് എന്തിനാണ് അതായത് ആ ബ്രഹ്മത്തിൽ എന്തെങ്കിലും മാലിന്യം ഉണ്ടെങ്കിൽ അത് കളങ്കപ്പെട്ട് നശിച്ചു അപ്പൊ ബ്രഹ്മം ഒരിക്കലും നശിക്കാൻ പാടില്ല അത് എന്നും നിത്യമായി തന്നെ ഇരിക്കുന്നു അപ്പൊ ഒരു തരത്തിലുള്ള കളങ്കവും വരാതിരിക്കാനാണ് ശുദ്ധ ബ്രഹ്മം അതിനെ മാറ്റി വയ്ക്കുന്നത് പിന്നെ ഈശ്വരൻ അത് ഈ അവദ്യയോടു കൂടിയാണ് അത് നശിച്ചാൽ ശങ്കരാചാര്ക്ക് ഒരു പ്രശ്നമില്ല അത് നിലനിൽക്കണമെന്ന് ആഗ്രഹം ഇല്ല കാരണം ബ്രഹ്മജ്ഞാനം ഉണ്ടാകുമ്പോൾ അജ്ഞാനം നശിക്കുന്നു അജ്ഞാനം നശിക്കുമ്പോൾ ജീവൻ ഈശ്വരൻ ഇത്തരം ഭേദങ്ങളെല്ലാം നശിക്കുന്നു അപ്പം പിന്നെ ശേഷിക്കുന്നു ശുദ്ധമായ ബ്രഹ്മം മാത്രം അവിടെ എത്തിച്ചേരണം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഴിഞ്ഞാല് ആ ഒരു ന്യൂറോളജിയും സയൻസിൽ ഇല്ല ഈ പറയുന്നതുകൊണ്ട് ന്യൂറോളജിക്കൽ എന്തെങ്കിലും ന്യൂറോളജിക്കൽ ആസ്പെക്ടില് നോക്കുമ്പോഴത്തേക്ക് ന്യൂറോളജി കോഗ്നേറ്റീവ് സയൻസ് ന്യൂറോളജിക്കൽ സയൻസ് മോഡേൺ സൈക്കോളജ് അതൊക്കെ വെച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ ഇല്ലല്ലോ പിന്നെ അങ്ങനെ ചിന്തിക്കാൻ പറ്റും ബ്രഹ്മത്തെ അടിസ്ഥാനമാക്കിയല്ല ചിന്തിക്കുന്നത് അവിദ്യ എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല അവർ മനസ്സിലാക്കിയിടത്തോളം ഉള്ളത് എന്താണ് പോയി കഴിഞ്ഞാൽ ഊർജമാണ് പിന്നെ സൃഷ്ടിയിൽ സംഭവിച്ചിരിക്കുന്ന എവല്യൂഷനിലൂടെ വന്ന് കിട്ടിയ നമ്മുടെ ബ്രെയിനും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാ ചിന്തിക്കുന്നു ബ്രെയിൻ റിലേറ്റഡായിട്ടുള്ള ചിന്തയാണ് അവിടെ ഈ പറയുന്ന ബ്രഹ്മത്തിനോ അവിദ്യക്കോ മായക്കോ ഒന്നും യാതൊരു സ്ഥാനമില്ല ഇതൊന്നും ഒരു വിഷയമില്ല ഇത് അത് അവര് പറയുന്ന എന്താണ് അതൊരു വേറൊരു ഫീൽഡ് കുറെ ദാർശനികന്മാര് ചിന്തിക്കുന്നു ഞങ്ങൾക്കത് ശരിയെന്നോ തെറ്റെന്നോന്നു ഞങ്ങൾ പറയാൻ പോകുന്നില്ല അത് ന്യൂറോളജിക്കൽ സയൻസ് എന്ന് പറയരുത് എന്താണോ അങ്ങനെ പറയാൻ പറ്റില്ല കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്ന ഇന്ത്യയെ സംബന്ധിച്ചാണ് ഇന്ത്യക്ക് ഇട കോൺസ്റ്റിറ്റ്യൂഷൻസ് ലോകത്തിലെല്ലാവർക്കും അതിന്റെ ആവശ്യമില്ല ഇന്ത്യയിൽ ഇന്ത്യൻ പൌരന്മാർക്കാണ് അതിന്റെ ആവശ്യം അത് വേണ്ടതാണ് പിന്നെ പേഴ്സണലായി മനുഷ്യന് വേണ്ട പേഴ്സണാലിറ്റിയെ സംബന്ധിച്ചു വരുന്ന കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ അതൊക്കെ മനുഷ്യനാവശ്യമാണ് ഒരു നല്ല ജീവിതത്തിൽ പിന്നെ അവന് ശാസ്ത്ര സാങ്കേതിക ബോധം വേണം അതാവശ്യമാണ് കലാ സാഹിത്യ അതിനെക്കുറിച്ച് അതൊക്കെ ആസ്വദിക്കാൻ ശേഷിയുള്ള അതാവശ്യമാണ് ഇങ്ങനെ പല മേഖലകളും ഇന്നത്തെ മനുഷ്യജീവിതത്തിൽ ആവശ്യമുണ്ട് സമ്പത്ത് ആവശ്യമാണ് പോളിറ്റിക്സ് ആവശ്യമാണ് പലതും ആവശ്യമാണ് ഈ പറയുന്ന അതുമായിട്ടൊന്നും ഒരു ബന്ധമുള്ള കാര്യമില്ല ഇത് ദർശനത്തിന്റെ തത്വചിന്തയുടെ ലോകമാണ് അവിടെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു ഈ ചിന്ത രസകരമായി തോന്നുന്ന ഇത് നല്ലതാണ് എങ്ങനെ ചിലക്കിപ്പോ സാഹിത്യം രസകരമായി തോന്നില്ലേ പ്രത്യേകിച്ച് അതിന് എന്ത് കിട്ടാൻ ചോദിച്ചാൽ അതൊരു രസം ഏ സാഹിത്യം പഠിക്കാൻ രസമുള്ളവർക്കത് രസമാണ് നമ്മളൊരു ചെറുകഥ വായിക്കുന്നു നോവല് വായിക്കുന്നു രസം അല്ലേ പിന്നെ റീൽസ് കാണുന്നു രസമല്ലേ അതുപോലെ ഈ തത്വചിന്ത ഒരു രസമാണെങ്കിൽ നമുക്കത് പഠിക്കാം മനസിലാകും ഏ ആ സീരിയല് അല്ലേ അതുപോലെ ഇത് നമുക്ക് രസമുള്ളവർക്ക് ഇതൊക്കെ വായിച്ച് രസിക്കാം എപ്പോ നമ്മള് ഈ സയൻസുമായിട്ട് ബന്ധപ്പെടുത്തും താല്പര്യമുള്ളവർക്ക് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ലതാണ് എന്താണ് ബ്രഹ്മം എന്നൊക്കെ പിന്നെ അതിൽ വിശ്വസിക്കുന്നവർക്ക് അവിശ്വാസം കൊണ്ട് മാനസികമായ ഗുണമുണ്ടാവും അതുണ്ടാവും ആ ഇതൊക്കെ ഇതിലൊക്കെ വിശ്വസിക്കുന്നവർക്ക് വിശ്വാസം കൊടുക്കുന്ന ഒരാശ്വാസമുണ്ട് സർവശക്തനായ പൊന്നുതമ്പുരാൻ എന്നെ എപ്പോഴും കാത്തുരക്ഷിക്കുന്നു വിശ്വസിച്ചാൽ ആ വിശ്വാസ മനുഷ്യൻ ആശ്വാസം ദുഃഖങ്ങളൊക്കെ ഒഴിവാക്കാനും പല ദിന സഹായിക്കും ഒരവലംബം സ്വന്തമായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് നമ്മളെപ്പോലെയുള്ളവര് മനോഭാവമുള്ള ആൾക്കാരാണ് അവര് എങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെപ്പോലെയുള്ളവരാണെങ്കിൽ നമ്മൾ പറയുന്ന കേൾക്കാൻ എത്ര പേര് വന്നിരിക്കുന്നു അപ്പോൾ അങ്ങനെ വിശ്വാസമുള്ളവരെ ആ വഴിക്ക് നയിക്കാൻ കുഴപ്പമൊന്നുമില്ല ലോകത്ത് മുപ്പത്തി മൂന്ന് ശതമാനം ജനങ്ങൾ പത്ത് എഴുന്നൂറ്റൊമ്പത് കോടി ജനങ്ങളിൽ മുപ്പത്തി മൂന്ന് ശതമാനം ജനങ്ങള് ക്രിസ്തു മരിച്ചിട്ട് ജനിച്ചെന്ന് വിശ്വസിക്കുന്നവരാണ് ഓടിക്കണക്കിന് മനുഷ്യർ അപ്പോ അങ്ങനെയുള്ളവരടുത്ത് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാൽ അവര് വളരെ വിശ്വാസപൂർവ്വം കേട്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് അവർക്ക് മാനസികമായി ഗുണമുണ്ടാവും വെറും പതിനഞ്ച് ശതമാനം വരുന്ന ഹിന്ദുക്കളിലെ ഒരു ചെറിയ ശതമാനം വരുക അതൊക്കെ അസംബന്ധമാണ് അത് ശരിയല്ലെന്ന് പറയും അത് രണ്ട് കാര്യമെല്ലാം ഉണ്ടാവും വിശ്വസിക്കുന്നവർക്ക് അത് ആശ്വാസം അവരത് ജീവിക്കും അവർ സ്വർഗത്ത് പോകാൻ വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു ഇതൊക്കെ മനുഷ്യന്റെ വിശ്വാസം അതുപോലെ ഇത് വേണമെങ്കിൽ വിശ്വസിക്കാം വിശ്വസിച്ചാൽ അതുകൊണ്ട് ഗുണമുണ്ടാവും ദൈവത്തിന് വിശ്വാസം ഉണ്ടോ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉപകരിക്കും ദൈവത്തിൽ വിശ്വാസമല്ലേ ഇത് മറ്റേതൊരു സബ്ജക്ട് പോലെയും നമുക്ക് പഠിച്ച് മനസ്സിലാക്കാം സാഹിത്യം പോലെ ആസ്വദിക്കാം ഗുണമില്ലാത്ത കാര്യങ്ങളല്ല ദൈവവിശ്വാസം ഉണ്ടോ ദൈവം തന്നെ അതുകൊണ്ട് അനുകമ്പ ജാൻ ചൈതന്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അറിവിന് സ്വാമിയെ ജ്ഞാൻ വിരുവിന്റെ അടുത്ത് എന്ന് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ഏകോ ദൈവോ സർവഭൂതേഷുഗൂഢ സർവയാവി സർവാതരാത്മ കർമാധ്യക്ഷ ഭൂതാധിവാസ സാക്ഷിച്ച് ഏതോ കേൾ തന്നെയാണ് അങ്ങനെ അത് ഒരാളുടെ വിശ്വാസം അങ്ങനെയാണ് അത് ആ വിശ്വാസത്തിന് എന്റെ പേർട്ട് വിളിക്കാം ബ്രഹ്മവിശ്വാസം ഗുരുവിലുള്ള വിശ്വാസം ദൈവവിശ്വാസവും തന്നിലുള്ള വിശ്വാസമൊന്നും എന്തുവേണോ പറയാം കുതഹ പുനരേവം ഭൂത ബ്രഹ്മസ്വരൂപ അവഗതിരിയത് ആഹാ കാര്യം മനസ്സിലാക്കണം ലോകത്ത് എപ്പോഴും ഭൂരിപക്ഷവും വിശ്വാസികളാണ് വിശ്വാസമില്ലാത്തവരു വളരെ കുറച്ചേ അപ്പോ ഭൂരിപക്ഷത്തിനാകൊണ്ട് പ്രയോജനം ഉണ്ടെന്നർത്ഥം ആയിരിക്കാം പല കാരണം കാണും പല കാരണങ്ങളുള്ളതിലൊന്നാണ് ഫ്യൂച്ചർ അൺപ്രഡിക്റ്റബിൾ എന്ന് പറയുന്നത് പല കാര്യങ്ങളും എല്ല പല കാര്യങ്ങളും കുതപ്പുനരേവം ഭൂത ബ്രഹ്മസ്വരൂപ അവഗതി ഈ ബ്രഹ്മത്തെ എങ്ങനെ അറിയാം അതാണ് ഇവിടെ ചോദിക്കുന്നത് ആണ് പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ ചോദിച്ചതിനെ കുറിച്ചാണ് ബ്രഹ്മസ്വരൂപ അവഗതി ബ്രഹ്മത്തെ എങ്ങനെ അവഗതി അറിയുക ബ്രഹ്മത്ത് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും അതാണ് അടുത്ത് പറയുന്നത് ഭാഷ എന്താണ് ബ്രഹ്മശബ്ദി നിത്യശുധാസ്തി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബ്രഹ്മത്തെനക്ക് എങ്ങനെ അറിയാൻ പറ്റും ബ്രഹ്മം ഉണ്ടെന്ന് പറയുന്നു അസ്ഥിതാവത്ത് എന്ന് നേരത്തെ പറഞ്ഞുണ്ട് അപ്പൊ ബ്രഹ്മുണ്ട് ശരിയുണ്ട് നിങ്ങളെങ്ങനെ അറിയും അടുത്തൊരു ചോദ്യം വരെ ബ്രഹ്മം ഉണ്ടെന്ന് ഇങ്ങനെ അറിയാൻ പറ്റും അമേരിക്ക ഉണ്ടെന്ന് പറഞ്ഞു എങ്ങനെ അറിയും അതുപോലെ സദൈവ സൗമ്യേതം ഇത്യാദീനാം വാക്യാന റിയാനുള്ള ഒരു വഴി ബ്രഹ്മിത്വം ഇതുവരെയുള്ള കാര്യങ്ങൾ ഉപനിഷത്ത് പഠിച്ച് മനസ്സിലാക്കിയാ ബ്രഹ്മം ഉണ്ടെന്നറിയും അവിടെ ബ്രഹ്മത്തെക്കുറിച്ചാണ് പറയുന്നത് ആണ് ശങ്കരാചാര്യ പറയുന്നത് വേദത്തിൽ നിന്നാണ് ബ്രഹ്മത്തെ അറിയുന്നത് അവിടെ പറയുന്നുണ്ട് ബ്രഹ്മത്തെ കുറിച്ച് സദേവ സൗമ്യതമഗ്രഹീത് അവിടെയും ഈ സുഷ്ടയെ കുറിച്ചൊക്കെ പറഞ്ഞു വരുന്ന ഒരു പ്രകടനത്തിലാണ് ഇത് പറയുന്നു നമ്മളീ ഉണർന്ന് വരുന്നതിന് മുമ്പ് ഉറങ്ങിക്കിടന്ന സമയത്ത് കേവലം സത്ത് മാത്രമായിരുന്നു വെച്ചാൽ ബ്രഹ്മം മാത്രമായിരുന്നു രണ്ടാമതൊന്നും ഉണ്ടായിരുന്നില്ല സദേവ സൗമ്യമഗ്രെ ഉണരുന്നതിന് മുമ്പ് അത് സൃഷ്ടിക്കും ആൾക്കാരെ വ്യാഖ്യാനിക്കുന്നുണ്ട് സൃഷ്ടിക്കുമ്പോ നമുക്ക് എന്തറിയും ഒന്നും അറിയില്ലല്ലോ പക്ഷെ ഉണരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം നല്ല ഉറക്കത്തിൽ സത്ത് മാത്രം താൻ മാത്രം ഉണ്ടായിരുന്നു ആ സത്താണ് ബ്രഹ്മം എന്നാണ് പറയുന്നത് ത സത്യം ആ സത്താണ് സത്യം സ ആത്മാ അതാണ് നീ തത്വമസിത ചെയ്തോ അല്ലയോ ഛേതോ ആ സത്ത് നീ ഉറങ്ങിക്കിടന്നപ്പോ എന്താണോ ഉണ്ടായിരുന്നത് ആ സത്താണ് നീ എന്നാണ് തത്തുമസി അർത്ഥം പറയുന്നത് അവിടെ ഈശ്വരനൊന്നും പറയുന്നില്ല എന്റെ അർത്ഥം ഉറങ്ങി കിടന്നപ്പോ ഏതാണോ ഉണ്ടായിരുന്ന അതാണോ വളർന്നു കഴിഞ്ഞാൽ നീ അല്ല വളർന്നു കഴിഞ്ഞപ്പോ ഉണ്ടായ ശരീരവും ഇന്ദ്രിയങ്ങളൊന്നും അല്ല എന്നാണ് അവിടെ പറയുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കാം എന്താണ് ബ്രഹ്മം വ്യക്തമായിട്ട് ഉറങ്ങിക്കിടന്നപ്പോ എല്ലാം പോയപ്പോഴും അവിടെ അവശേഷിച്ചിരുന്നെന്തോ അതാണ് അതാണ് ആത്മാവെന്ന് വെച്ചാൽ അതാണ് നീ ഇപ്പൊ നീ ബ്രഹ്മമാണോ ഇപ്പൊ തോമസി അപ്പൊ കേൾക്കുന്നവൻ മനസ്സിലാക്കുന്നു അഹം ബ്രഹ്മസ്മി ഞാൻ ബ്രഹ്മമാണ് അപ്പോ ഒരാള് പഴയകാലത്ത് നോക്കുക മനുഷ്യന് ജീവിതത്തെ കുറിച്ച് ഓരെത്തും പിടിയും എങ്ങോട്ട് പോകുന്നു എവിടെ വരുന്നു ജനിക്കുന്നു ഇതെന്താ ഞാൻ ജനിച്ചത് എന്തുകൊണ്ട് ജനിച്ച് എന്തുകൊണ്ടിങ്ങനെയൊക്കെ ജീവിക്കുന്നു ഇതിനൊക്കെ എന്താ അർത്ഥം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും ഇതിനെ കുറിച്ചൊന്നും ഒരു പിടിയില്ലാത്തൊരു കാലഘട്ടത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് നീ ജനനത്തെക്കുറിച്ചും മരണത്തെ കുറിച്ചും ചിന്തിക്കേണ്ട നീ സത്താണ് സത്യമാണ് അതെങ്ങനെ മനസ്സിലാകും നീ ഉറങ്ങിക്കിടന്നപ്പോൾ ഏത് സത്യമായിരുന്നു അതുതന്നെയാണ് ഉണർന്നു കഴിഞ്ഞപ്പോൾ സത്യം തന്നെ അതാണ് ബ്രഹ്മ വളരെ സിമ്പിളായി വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു എന്നാ കഴിവില ഇതുകൊണ്ട് മാത്രമല്ല വേറെ എഴുതി അറിയാവുന്നതാണ് സദേവ സൗമ്യ ഇതം ഇത്യാദി നാം വ്യാഖ്യാന ഈ വാക്യം കൊണ്ട് പൗർവാപരി ആലോചന പൂർവപര ആലോചന ചിന്തിക്കണം ആലോചന എന്ന് ിത്തിലെ വാക്യങ്ങളുടെയൊക്കെ ശരിയായ ചിന്ത ആലോചന പൂർവപരിയെന്നു വെച്ച പൂർവപര ആലോചനയാണ് തിരിച്ചും മറിച്ചും ചിന്തിക്കുന്നു ഇത്തംഭൂത ബ്രഹ്മഗതി മുമ്പ് പറഞ്ഞ ഒരു ബ്രഹ്മത്തെ കുറിച്ച് നിത്യശുദ്ധ ബുദ്ധമുക്തന്നൊക്കെ പറഞ്ഞു അങ്ങനെയുള്ള ബ്രഹ്മത്തിന്റെ അവഗതി ഉണ്ടാകുന്ന വെച്ചാൽ ഞാനും ഉണ്ടാകുന്നു അങ്ങനെയാണ് ബ്രഹ്മജ്ഞാനം ഉണ്ടാവുന്നത് അപ്പൊ വേദത്തിൽ ഈ പറഞ്ഞ ഭാഗങ്ങളെ തിരിച്ചും മറച്ചുമൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതാണ് ഇപ്പോഴും പറയുന്നത് ശങ്കരാചര് പറയുന്നത് ബ്രഹ്മജ്ഞാനം ഉണ്ടാവണമെങ്കിൽ എന്തുവേണം വേദം ഗുരു പറയുന്നുണ്ട് അരുമാറയോദർ ഗുരു ഗുരുയോദും ഉപനിഷുപ്തിരഹസ്യം കാരണം ഗുരു പറയുന്ന പാരമ്പര്യമായ അദ്വൈതത്തിൽ ശങ്കരാചാര്യർ പറഞ്ഞു അതിന്റെ റെക്കോർഡിംഗ് ഉണ്ട് അതെൻ ചെയ്ത് കഴിഞ്ഞാണ് അതും ഒരു പറയുന്നതും എല്ലാത്തിനും പറയുന്നത് ആഗമെന്ന് പറയുന്നത് എല്ലാ ശാസ്ത്രങ്ങൾക്കും പറയാം ആഗമോ ഏത് ആഗമസാരങ്ങൾ അറിഞ്ഞൊരു എന്താ ആഗമംന്ന് പറയുമ്പോ ശ്രുതി ഒഴികളല്ല അതല്ലേ വേദാഗമം എന്ന് പറഞ്ഞത് വേദം വേറെ ബാക്കിയുള്ള എല്ലാത്തിനെയും ആഗമം എടുക്കം ഭൂത ബ്രഹ്മ ഈ പറഞ്ഞ രീതിയിലുള്ള ബ്രഹ്മത്തിന്റെ ഞാൻ ഉണ്ടാകും അത് മാത്രമല്ല അഭിതു മാത്രമല്ല വാക്കുണ്ടല്ലോ അതാ ജിജ്ഞാസ ഇവിടെ വന്ന ബ്രഹ്മശ്ദം ബ്രഹ്മപദമി നിർവചന സാമർഥ്യത് നിർവചന സാമർഥ്യം കൊണ്ട് അതിനെ വ്യാഖ്യാനിച്ചുകഴിഞ്ഞു ഇതമേവാർത്ഥം സ്വഹസ്തീ അർത്ഥത്തെ വ്യക്തമാക്കി തരുന്നു വ്യക്തമാക്കി തരുന്നു അപ്പോ ഈ ബ്രഹ്മം എന്ന് പറയുന്ന അത് മനസ്സിലാക്കണമോ അറിയണമല്ലോ അറിയണമെങ്കിൽ ബ്രഹ്മശബ്ദത്തെ വ്യാഖ്യാനിച്ചതാണ് പഴയ കാലത്തിന്റെ ഒരു പ്രത്യേകത നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണ് പഴയ കാലത്ത് ഈ ബ്രഹ്മം പോലെയുള്ള കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു പ്രധാന വഴി എന്താണ് എന്താണ് വാക്കുകളെ വ്യാഖ്യാനിക്കുക വ്യാഖ്യാനത്തിലൂടെ അറിയും ഈ നമ്മൾ പറയുന്ന ദർശനവും സയൻസും തമ്മുടെ ഏറ്റവും വലിയ വ്യത്യാസം ഇവിടെയാ കിടക്കുന്നത് മനസിലായോ എന്താണ് വ്യത്യാസം ആ പഴയ അറിവെന്ന് വെച്ചാൽ വേദമെടുത്ത് പൂർവ്വപര ആലോചന തിരിച്ചുമറിച്ചും ചിന്തിക്കുന്നു അതിന് വരുന്ന വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് ചിന്തിക്കുന്നു ആ വാക്കുകളുടെ അർത്ഥമാണ് പരമമായ സത്യം എന്ന് അതിനെ സ്വീകരിക്കുന്നു വിശ്വസിക്കുന്നു അതാണ് പഴയ ജീവി പഴയ അറിവ് അങ്ങനെയാണ് ക്ഷരം എന്ന് പറയുന്ന അക്ഷരം നാശം നാശമില്ലാത്ത നാശമില്ലാത്ത ഒന്നുണ്ടെന്ന് പറയുന്നു അപ്പം വാക്കുകളിൽ നിന്നുള്ള അർത്ഥമാണ് പഴയ കാലത്ത് സത്യമായിട്ട് കരുതുന്നത് സയൻസ് അങ്ങനെയല്ല ഏകലും വാക്കിന്റെ അർത്ഥത്തെയല്ല സയൻസെന്ന് പറയുന്നത് പിന്നെ എന്താണ് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ബോധ്യപ്പെടുന്നതിനാണ് എന്ന് പറയുന്നത് സയൻസിന്റെ ആ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള യാഥാർത്ഥ്യം അബ്സലൂട്ട് റിയാലിറ്റി ഇല്ല അപ്രോക്സിമേറ്റ് രണ്ടും വലിയ വ്യത്യാസം അപ്പൊ ഗുരു ഒരു സയന്റിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഈ പൊട്ടന്മാരൊക്കെ എഴുതി വെച്ചു കഴിഞ്ഞാ എങ്ങനെയാ അവ കഥ സ്വീകരിക്കുന്നു പഴയ ശാസ്ത്രനിധി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് വേദഭാഗങ്ങളിൽ നിന്നും ബ്രഹ്മത്തെ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ വാക്കുകളെ വ്യാഖ്യാനിച്ച് നമ്മൾ പറയുന്നത് അപ്പിതു ബ്രഹ്മപഥമി ബ്രഹ്മം എന്ന് പറയുന്ന വാക്ക് നിർവചന സാമർഥ്യം അതിനെ വ്യാഖ്യാനിക്കുകയാണ് നിർവചിക്കുകയാണ് ഹിമമേവ അർത്ഥം സോസ് ഈ ബ്രഹ്മം എന്ന് പറയുന്ന അർത്ഥത്തെ വ്യക്തമാക്കും അപ്പൊ ബ്രഹ്മത്തെ അറിയുന്നതിന് വേണ്ടി വാക്കുകളെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് ഇന്നിപ്പോ ആരെങ്കിലും വാക്കുകളെ വ്യാഖ്യാനിച്ച ആ വാക്കുകൾ സത്യം പറയുന്നു അംഗീകരിക്കും അവരെന്ത് ചോദിക്കും നമ്മൾ പറയുന്നതിന് എന്താ തെളിവ് ഒരു വാക്കിനെ വ്യാഖ്യാനിച്ചപ്പോ ബ്രഹ്മത്തെക്കുട്ടി എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കും പറയുന്നതിന് തെളിവുണ്ടോ എന്താ തെളിവ് ഏഹ് ഏകദിന പറഞ്ഞു പറഞ്ഞാൽ ആരംഗീകരിക്കും പക്ഷെ ഇവിടെ പറയുന്ന അതാണ് പണ്ട് അങ്ങനെയാ സ്വീകരിച്ചിരുന്നു വേദത്തിൽ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അത് സത്യമാണ് വാക്കുകൾക്ക് അങ്ങനെ ഒരു അർത്ഥം ഉണ്ട് അതുകൊണ്ട് സത്യമാണ് വാക്കിനൊരർത്ഥമുണ്ടെങ്കിൽ അത് സത്യം ഒന്നാണ് ബ്രഹ്മം എന്ന് ശബ്ദത്തിന് ഒരു അർത്ഥമുണ്ടെന്താണ് അതാണ് ബ്രഹ്മം ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കു അന്ന് ഇതൊക്കെ മതിയായിരുന്നു ക്വസ്റ്റ്യൻ ചെയ്യും പിന്നെ അന്ന് ശക്തമായി ക്വസ്റ്റ്യൻ ചെയ്യൂല്ലേ പൂർവ്വപക്ഷം തന്നെ അന്ന് പൂർവപക്ഷോണ്ട് ക്വസ്റ്റ്യൻ ചെയ്യും പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടും മാറ്റം വരുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് മാറ്റം വരുന്നില്ല പോയിന്റ് ബോധം വരുന്നില്ല ബോധം ക്വസ്റ്റ്യൻ ചെയ്തിട്ടും മത്യ ഒരു മാറ്റവും വരുന്നില്ല പണ്ട് എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നവന് ഇതേ നിലവാരമാണ് ഉത്തരം പറയുന്നവന്റെ അതേ നിലവാരം തന്നെ എന്താണ് ചോദ്യം ചോദിക്കുന്നത് എന്താണ് പറയുന്നുണ്ടോ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതുപോലെയാണോ വാക്കിന് അർത്ഥം വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇത്തരം ചോദ്യങ്ങളാണ് എന്നിട്ട് ചോദ്യം ചോദിക്കുന്നോ പറയും ഞങ്ങളുടെ അർത്ഥം വേറെയാണ് ഞങ്ങളുടെ വേദത്തിലുള്ള ബ്രഹ്മം വേറെയാണ് അപ്പൊ ചോദ്യം ചോദിക്കുന്നവനും ഉത്തരം പറയുന്നവനും ഒക്കെ ഈ ഇട്ടാവോട്ടത്തിൽ കിടന്ന് കറങ്ങുകയാണ് അതല്ല ഭാഷയും സിദ്ധാന്തിയും യാഥാർത്ഥ്യത്തിലോട്ട് ഏഹ് അല്ല അവര് പറയുന്നത് അവർക്ക് ബോധ്യപ്പെട്ട യാഥാർഥ്യമാണ് അവര് യാഥാർത്ഥ്യം ഒന്ന് വിശ്വസിക്കുന്നതിനാണ് പറയുന്നത് അവരതാ യാഥാർത്ഥ്യം വിശ്വസിക്കുന്നു കാലം കൊണ്ട് മനുഷ്യന് അറിവ് വർദ്ധിച്ചു വന്നപ്പോഴാണല്ലോ മറ്റെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ എന്ന് മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയത് ഇത് പഴയകാലത്ത് യാഥാർത്ഥ്യം തന്നെയാണ് അവർ പറയുന്നത് ബ്രഹ്മമാണ് യാഥാർത്ഥ്യം നിർവഹികമായ ബ്രഹ്മം അത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി അത് മനുഷ്യൻ മനസ്സിലായി വിദ്യാഭ്യാസ വേദം പറഞ്ഞപ്പോ നിങ്ങക്ക് എന്തുകൊണ്ട് വേദത്തിൽ നിന്ന് മനസ്സിലായത് ശരിയെന്നെന്തുകൊണ്ട് നിങ്ങള് പറയുന്നു പോയിന്റ് എന്തുകൊണ്ടാണ് പോയിന്റല്ലോ വേദത്തിൽ പറഞ്ഞ് സത്യമാണെന്ന് എന്തുകൊണ്ട് നിങ്ങള് വിശ്വസിക്കുന്നു പറഞ്ഞിട്ട് ഒരു കാര്യ പോയിന്റ് പറയണ പോയിന്റ് കൃത്യമായി അതുകൊണ്ടുമല്ല ഇത്രയും മണ്ടത്തരം പറയാ പണം വേദം ദൈവം പറഞ്ഞാണ് ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണ് അതൊക്കെയാണ് പക്ഷെ ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അംഗീകരിച്ച പറ്റും ദൈവം ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കൊണ്ട് വിശ്വസിപ്പിക്കുന്നതാണ് പൗരോഹിത്യ സ്വതന്ത്രം എന്ന് പറയും മനസ്സിനായോ അതുകൊണ്ട് മനുഷ്യർ അത് വിശ്വസിക്കുന്നു ഇന്നും വിശ്വസിക്കുന്നു എന്നും വിശ്വസിക്കും അതിന്റെ സ്വാധീനം അത്രയും വളരെ വലുതാണ് മനുഷ്യ സമൂഹത്തിൽ അറിയപ്പെ സ്വാധീനം വളരെ വലുതാണ് ഇന്നും മനുഷ്യന് കളയാൻ പറ്റുന്നുണ്ട് പിന്നെ ഇന്നും മനുഷ്യൻ ഒരു കാരണം കൂടിയുണ്ട് എന്താണ് ഇസ്ലാമിസം അതായത് പണ്ട് ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞു മനുഷ്യൻ വിശ്വസിച്ചു കുടുംബം അത് പറഞ്ഞിരിക്കുന്ന സത്യമാണെന്ന് വിശ്വസിച്ചു ഇത്തരം കാര്യങ്ങളെല്ലാം ഇത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും മനുഷ്യൻ വിശ്വസിക്കുന്നു മനുഷ്യന് പുതിയ പുതിയ അറിവുകൾ ഉണ്ടായി ഒരുപാട് പുരോഗമിച്ചു ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം വളർന്നു എന്നിട്ടും പണ്ട് ആ വിശ്വാസങ്ങൾ മനുഷ്യന് ഇന്നും അതുപോലെ സ്വീകരിക്കുന്ന എന്തുകൊണ്ട് ഉത്തരം പോയിന്റ് എന്നു പറഞ്ഞാൽ പോലെ അതുകൊണ്ടെന്ന് പറയാൻ പറ്റില്ല സയൻസ് പഠിച്ച എത്രയോ കുട്ടികളുണ്ട് സയൻസ് പഠിച്ച ഒരാളുടെ ഉണമ് മുപ്പത്തഞ്ചു വർഷം ഫിസിക്സ് പഠിപ്പിച്ച എന്താ കാരണം പോയിന്റ് ഒറ്റ വാക്കിത്തരം പറയാം വിശ്വാസം അതേ എന്ന് പറഞ്ഞ പോരാ ഞങ്ങള് പറയുന്നേനെ കുറച്ച് കാര്യങ്ങളുണ്ടില്ല എന്ന് പറയുന്നില്ല പോയിന്റ് വരണം ഇങ്ങനെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്ന ഒന്നും തലയിൽ കയറുന്നില്ല എന്നുള്ളതാണ് ഒന്നും തലയിൽ കയറുന്നില്ല കഷ്ടമായി പോയി എന്തുകൊണ്ടാണ് അതായത് മനുഷ്യനെ ഒരു വിശ്വാസ ബ്രെയിൻ ഉണ്ടാവും ണാമത്തിലൂടെ അവന് കിട്ടിയെന്താണ് വിശ്വസിക്കുന്ന ബ്രെയിൻ അതാ സംഭവം ആ വിശ്വാസ ബ്രെയിൻ അവൻ ഇരിക്കുന്നു ഈ ആദിവാസികൾക്കുണ്ടായിരുന്ന ആ ബ്രെയിൻ ഉണ്ടല്ലോ അത് വലിയ കാലമൊന്നും ആയില്ലല്ലോ പത്തയ്യായിരം വർഷമല്ലോ അതുകൊണ്ട് പറയുന്ന മുഴുവൻ കേക്ക് പത്തയ്യായിരം വർഷം കൊണ്ട് പരിണാമം വലിയ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല നൂറ്റാണ്ടുകൾ കൊണ്ടുള്ള പരിണാമം കൊണ്ടാണ് ഒരു വിശ്വാസ ബ്രെയിൻ അവനുണ്ടായത് ഒരു അയ്യായിരം വർഷം കൊണ്ടൊന്നും അവനൊരു മാറ്റം ഉണ്ടാവില്ല കാരണം പരിണാമം എന്തെങ്കിലും ഒരു കാര്യമായ സ്വാധീനം ചെലുത്തണെങ്കിൽ ലക്ഷക്കണക്കിന് വർഷം വേണം സ്വാഭാവികമായ പരിണാമം ആ അതൊന്നും സംഭവിച്ചില്ലല്ലോ അപ്പോ മനുഷ്യന്റെ ആ വിശ്വാസ ബ്രെയിൻ അത് തന്നെയാണ് ഇന്നും കൊണ്ടു ആ ബ്രെയിൻ കൊണ്ടുനടക്കുന്നോണ്ട് വരുന്നു പണ്ട് ഈ പൗരോഹിത്യ കുതന്ത്രം അടിച്ചേപ്പിച്ച എല്ലാ വിശ്വാസങ്ങളെയും ഇന്നും മനുഷ്യൻ പൊന്നുപോലെ സൂക്ഷിച്ചു കൊണ്ട് കിടക്കുന്നുണ്ടായിട്ടുള്ള ആ അതൊക്കെ നമ്മുടെ ജീവിതം അവിടെ ഇവിടെ ഒക്കെ കയറിയിരിക്കുന്ന സാധനങ്ങളാണ് മനസ്സിലായോ അതാണ് സംഭവം ഇതൊക്കെ പോയിന്റുകളിൽ ഇന്നും മനസ്സിലാക്കി നമ്മൾ നിങ്ങളിവിടെ ഇരുന്നിട്ട് എന്താ പ്രയോജനം ആയിക്കോട്ടെ അഡിക്റ്റ് ആയിക്കൊള്ളട്ടെ എന്താണെന്ന് കാര്യം മനസ്സിലാക്ക എന്തുകൊണ്ട് അഡിക്റ്റ് ആയി അത് മനസിലാക്കണ്ടേ അതെന്നാണ് വ്യക്തമാക്കുന്നു അത് എന്താണ് നമ്മൾ അതായത് അതെ അതിന് നാമധാതു പറയും സാന്നൊരു നാമധാതു പ്രകടനം പഠിക്കും അപ്പൊ ഒരു നാമത്തെ ധാതു ആക്കി മാറ്റാം രണ്ടു സ്വഹസ്ത ശബ്ദത്തിൽ നിന്ന് പ്രത്യേകം വന്ന് ഹസ്ത നാമം കരിയായി മാറുന്നു എന്നുവെച്ച ഇപ്പൊ പറയണം തന്റെ കൈയിലാക്കുന്നു എന്ന് പറയും കരതലാമലകം പോലെ എന്നൊക്കെ കേട്ടിട്ടില്ലേ കൈയുടെ ഉള്ളിൽ കൈയുടെ ഉള്ളിൽ ഇരിക്കുന്ന നെല്ലിക്ക പോലെ എന്നൊക്കെ പറയുമ്പോൾ സ്വന്തം കയ്യിലായെന്ന് വെച്ചാൽ തനിക്ക് വ്യക്തമായി നിർത്തും അവിടെ എന്താ പറയുന്നത് ഇമമേവാർത്ഥം സ്വാസ്ഥാ വളരെ വ്യക്തമാകും തന്റെ കയ്യിൽ ഉള്ളം കൈയിലിരിക്കുന്നവരോ കാര്യം വ്യക്തമാകും എന്ത് ബ്രഹ്മശബ്ദത്തെ നിർവചിച്ചാൽ മതി ബ്രഹ്മം എന്താണെന്ന് നിങ്ങക്ക് വളരെ വ്യക്തമാവും നിർത്തും അതിനുവേണ്ടി ഇത്രയും വലിയ വലിയ വലിയൊരു പണ്ഡിതനാണ് ആര് പദങ്ങളൊക്കെ നിർമ്മിച്ച് ഉണ്ടായിക്കിട വലിയൊരു പണ്ഡിതനും നല്ല സാഹിത്യകാരനും മനോഹരമായ ഭാഷയും നല്ല പ്രയോഗ ചാതുര്യമുള്ളവരാണ് ആണ് ഓരോ സ്ഥലത്തും കൃത്യമായ പദങ്ങളെടുത്ത് പ്രയോഗിക്കുന്നത് അതൊക്കെ നമ്മള് സംസ്കൃതം കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആസ്വാദ്യത കൂടുതൽ പഠിക്കുന്നതും വായിക്കുന്നു പഠിപ്പിക്കുന്നതും ഒക്കെ സംസ്കൃതം അറിയാമെന്നുള്ളവർക്ക് വളരെ രസമാണ് അങ്ങനെ ഒരു ഭാഷയാണ് പുള്ളി ഉപയോഗിച്ചിരിക്കുന്നത് ശങ്കരാചാര്യ പോലും പുള്ളിയുടെ അടുത്തു വരത്തില്ല ഇക്കാര്യത്തിൽ ഭാഷ പ്രയോഗം മനസ്സിലായ ്രഹ്മം എന്ന് പറയുന്ന ഒരു വാക്കിനെ നിർവചിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന അർത്ഥം എന്ന് പറയുന്ന ആ ബ്രഹ്മം ആ ബ്രഹ്മം എന്ന് പറയുന്നതാണ് പരമാർത്ഥ സത്യം അപ്പൊ ഈ പരമാർത്ഥമായ സത്യത്തെ അറിയുന്നതിന് ബ്രഹ്മം എന്ന് പറയുന്ന വാക്കിനെ നിർവചിച്ചാന്ന് പറഞ്ഞു സൊമാന്റിക് എന്ന് പറയുന്നു അപ്പൊ നമ്മുടെ ദർശനങ്ങളും ശാസ്ത്രങ്ങളിലും ഒക്കെ എന്താണ് വാക്കർത്ഥം ആ വാക്കർഥത്തിനെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് മനസ്സിലായോ സയൻസില് അങ്ങനെയല്ല സയൻസിന്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഒരു കാര്യത്തെ കണ്ടെത്തിയിട്ട് ഉദാഹരണം ഇലക്ട്രോൺ അങ്ങനെ കണ്ടെത്തി കണ്ടെത്തിയതിനു ശേഷം ആ ഇലക്ട്രോൺ എന്ന് പറയുന്ന ഭൗതിക യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്താൻ ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു വാക്യത്തെ ഒരു വാക്കിനെ ഉപയോഗിക്കുന്നു അല്ലാതെ ഇലക്ട്രോൺന്ന് പറയുന്ന ആ വാക്കിനെ നിർവചിച്ചപ്പോ ധാതു എന്താണ് അതിലെന്ത് പ്രത്യേകം വന്നു ഇങ്ങനെയൊക്കെ നിർവചിച്ചപ്പോ കിട്ടിയ സാധനം അല്ല എന്ത് ഇലക്ട്രോൺ വ്യത്യാസം മനസിലായോങ്ങുന്നു അത് അവരെന്താണ് ലാർജ് ആഡോൺ കുളൈഡറിൽ അതിവേഗത്തിൽ പാർട്ടിക്കിളുകളെ കൂട്ടിയിടിപ്പിച്ച് ആ കൂട്ടിയിടിയുടെ റിസൾട്ട് അവര് സൂക്ഷ്മമായി നിരീക്ഷിച്ച് നൂറുകണക്കിന് ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാര് അവിടെ കണ്ടെത്തിയാണ് ദൈവഗണം അവരതിനൊരു പേര് കൊടുത്ത് ദൈവമായിട്ടതിനൊരു ബന്ധമില്ല മനസ്സിലായോ ഒരു പേര് കൊടുത്ത് അല്ലാതെ ദൈവഗണമെന്ന് പറയുന്ന ശബ്ദത്തെ നിർവചിച്ചു കിട്ടിയാലേ ും പിന്നെ കണ്ടുപിടുത്തോണ്ടല്ല ഇവിടെ കന്യാകുമാരി റഷ്യും ഇന്ത്യക്കും മാത്രമേ ഉള്ളൂ ന്യൂക്ലിയർ അതെ അതെ ഇപ്പൊ കണ്ടുപിടുത്ത കണ്ടുപിടുത്തല്ലേ ശേഷി നല്ല ഭയങ്കര വന്നുള്ളതല്ലേ ഉള്ളു പറയുന്നു നമ്മടെ കരണ്ട് ഉത്പാദിപ്പിക്കാൻ ശുദ്ധമായിട്ടുള്ള വയനാട്ടിലെ കന്യാമലി നടത്തേനെ പ്ലയറുണ്ടല്ലോ അവിടെ ഉണ്ടോ അവിടെ അനക്ക പ്ലാന്റ് ഉണ്ട് ആ പ്ലാന്റിന്റെ കപ്പാസിറ്റി അതിന്റെ മാക്സിമം ലെവലിലേക്ക് എത്തി ശരി അപ്പൊ അതിനാണ് പറയുന്നത് അതിനെടുത്തോ അത് ഇത്രയും കപ്പാസിറ്റി എത്തിയിട്ടുള്ളത് നമ്മുടെ രാജ്യങ്ങളെ കൊള്ളും നല്ല കാര്യം നമ്മുടെ നമ്മുടെ ശാസ്ത്രജന്മാരുടെ കഴിവും കൃഷിയുടെ സഹായം ഉണ്ടായിരിക്കും നല്ല കാര്യം അതും പറഞ്ഞു വരുന്നതായിട്ട് എന്താ വെന്തോ എന്തെങ്കിലും ബന്ധമുണ്ട് ഉറക്കത്തിന്റെ ഇടയ്ക്ക് സ്വപ്നം കണ്ടാണ് ഉറക്കത്തിന്റെ ഇടയ്ക്ക് എന്തോ ഒരു സ്വപ്നം പോലെ എന്നാ അത് വിട്ടയ്ക്കാ അപ്പൊ ഉറക്കം പോയി അതുകൊണ്ട് ഗുണമുണ്ടോ എന്തായാലും കൊള്ളാം ശരിയിരിക്കട്ടാണോ ഓം കുന്ന കുന്ന പോരാ പോരാ കുന്ന രണ്ടെണ്ണം